പത്തിൽ അസാന കത്തനേരും കിഞ്ചി സ്ഥാത അതിമന സംസ്ഥിത സംശാന്തയാ സതകം കൂടുതഹം കൂടി കത്തവ്യത്തി മേഖല കർത്തവ്യം സ്ഥിതി എനിക്ക് ഇവിടെ കർത്തവ്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗീതയാണ് ഇത് എന്നാതവ്യവും അതിമനാഭി സംസ്കൃത ഇവിടെ തുടരേണ്ടതുണ്ട് അതുകൊണ്ട് പ്രാർത്ഥമൊന്നും പറയാൻ അതിമാ മനസ്സിനെ അതിക്രമിച്ചതിനായി ഈ ലോകത്ത് സംശാന്തയാ സതത സുപ്തേഹ വൃത്തിയ ഇതിനി മുമ്പോട്ടിരുന്നു പല ഭാഗത്തും വരുന്നതാണ് സംശയാന്തയാ സതതസുപ്ത വൃത്തിയ ഉപശമിച്ചതായ സുപ്തധിയ നിരന്തരം സുപ്തായ വൃത്തിമായ വൃത്തി അങ്ങനെയുള്ള ഒരു വൃത്തി കൊണ്ട് കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുന്നു എന്നർത്ഥം ശരിക്കുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം വൃത്തി പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പ്രവൃത്തി അടക്കം അപ്പോ ഇവിടെ അങ്ങനെ വൃത്തികൾ മനോവൃത്തികൾ ഉറങ്ങിയത് പോലെ ഒരവസ്ഥ അങ്ങനെ ഒരവസ്ഥ അറിയൽ കാര്യം കരുവ പ്രവർത്തിക്കുന്നു അല്ല തുടർന്ന് പറയുന്നെന്ന് മനസ്സിലാക്കുന്നു അതിഹരവും ഞാൻ ഒന്ന് ചെയ്യുന്നു അപ്പൊ ഈതെ പറയുന്ന കർമ്മ്യകർമ്മയ പശീ അകർമ്മി എന്ന് പറയുന്ന ആശയമാണ് ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു അപ്പൊ എന്തായാലും ആത്മാവിൽ കർത്തൃത്വമൊന്നുമില്ല അപ്പോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കർത്തൃത്വ ബുദ്ധിയോടുകൂടി ഒന്നും ചെയ്യുന്നില്ല എന്ന അർത്ഥം എടുക്കാൻ പറ്റും ആകർത്താവുമായി താൻ അകർത്താവാണെന്നുള്ള ബോധ്യത്തോടു കൂടി താൻ ആത്മാവാണോ ആത്മാവ് കർത്താവാണെന്നുള്ള ബോധ്യത്തോടു കൂടി മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നു ആത്മാവ് പ്രവർത്തിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും എല്ലാം ആത്മാവിനെ മാറ്റി നിർത്തുക അത് മനസ്സുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സ് അസക്തമായി നിർമ്മമമായി മമതയില്ലാതെ രീതിയിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും ഫലാകാംക്ഷയില്ലാതെ ഇങ്ങനെയെല്ലാം വരുന്ന അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യൻ വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത മനുഷ്യൻ അതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകാത്ത അങ്ങനെയാണ് കർത്തൃത്വ ബുദ്ധിയില്ലാതെ കർമ്മം ചെയ്യുക അല്പവും മമതയില്ലാതെ കർമ്മം ചെയ്യുക അങ്ങനെ എല്ലാ ുണങ്ങളും മനസ്സിന് വരണം മനസ്സിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നും ഇല്ല മനസ്സ് കർമ്മം ചെയ്യുമ്പോ എപ്പോഴും രാഗദ്വേഷത്തോടു കൂടി ചെയ്യും അല്ല നേരെ വിപരീതമായ കാര്യമാണ് പറയുന്നത് നിർമ്മമത എന്ന് പറയും അപ്പൊ ഇത് രണ്ടും പൊരുത്തപ്പെടുന്ന യഥാർത്ഥത്തിൽ മനസ്സ് രാഗദ്വേഷങ്ങളൊക്കെ വരുന്നു പോകുന്നു പക്ഷെ അങ്ങനെ വരികയും പോകുന്നിട അങ്ങനെ ചെയ്യുമ്പോഴും മനസ്സിൽ നിർമ്മമമായ ഒരു ഭാവന അപ്പോ അവിടെ ഇത്തരം രാവികളോടൊപ്പം മനസ്സ് താതാന്യപ്പെടുത്തുകയും അത് മനസ്സിലങ്ങനെല്ലാം കടന്നു വരാം ശങ്കരാത് അകസ്മാണെങ്കിൽ എന്നും കടന്നു വരാം മനസ്സിൽ എങ്ങനെ കടന്നു വരുന്ന വ്യക്തമായി പറയാൻ കഴിയില്ല അതിന്റെ കാരണം കണ്ടെത്താൻ കഴിയില്ല അതൊന്ന് മനസ്സാണോ അല്ലെന്ന് എന്നും കടന്നു വരാം അപ്പോ അവിടെ സാധാരണ മനുഷ്യനെപ്പോലെ മനുഷ്യനാണെങ്കിൽ ഞാൻ എന്താണോ വരുന്നതിനോട് എത്താതെ നീക്കും ഇവിടെയാകുമ്പം അതിനോട് മനസ്സോട് നിന്ന് അകന്നി പിന്നെ വരുന്ന ഒരു വ്യത്യാസം രാഗം ദേഷ്യം അഹന്ത മമത ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സാധാരണ മനുഷ്യന് അവന്റെ പ്രവൃത്തിയിൽ നിന്ന് അവനെ സംബന്ധിച്ചൊരു വിഷയമുണ്ടെ കുറിച്ച് അവൻ ചിന്തിക്കുന്നേ അത് വരുന്നു പോകുന്നു അവന്റെ പ്രാധാന്യം എന്താണോ എന്നൊന്നും അവനറിയുന്നില്ല ആഗ്രഹം വരുന്നു പ്രവർത്തിക്കുന്നു ആ പ്രവൃത്തിയുടെ സുതുക്കങ്ങളൊക്കെ അനുഭവിച്ചു പോകുന്നു ഇതിനെ കുറിച്ചുള്ള ചിന്തയോ ചർച്ചയോ മനുഷ്യന്റെ മനസ്സിൽ വരത്തില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇപ്പോൾ വൈരാഗ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷമാണത് പറയുക അപ്പോൾ നിരന്തരമായ സാധനങ്ങൾ ചെയ്ത് ഇതിന്റെ എല്ലാം നിയന്ത്രണം വന്നു കഴിഞ്ഞാണ് അങ്ങനെ ഒരാളെ കുറിച്ചാൽ മതി ഇതെല്ലാം തനൂകരിക്കപ്പെട്ട ഒരു മനസ്സാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ തനൂകൃതമായ മനസ്സാണ് തനുവായാലും സൂക്ഷ്മമായ മനസ്സാണ് അങ്ങനെയുള്ള മനസ്സുകൾ അങ്ങനെ ഇനി വന്നു കഴിഞ്ഞാലും അവിടെ അതിനോട് താതാന്യപ്പെടുന്ന വൃത്തികൾ അത്തരം വൃത്തികളാണ് ഇവിടെ സുപ്തമായതുപോലെ സമമാണ് അപ്പോ ഒരു പ്രവൃത്തിക്ക് രാഗദ്വേഷങ്ങൾ കൂടിയേ കഴ കഴിയുന്നില്ല കമക്രോധങ്ങൾ കൂടിയേ കഴിയുന്നില്ല അഹന്ത മഹന്ത ഇതൊന്നും വേണോ നിർബന്ധമില്ല അത്തരം എല്ലാ മാനസിക ഉയർത്തികളെയും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ കൊള്ള പ്രവൃത്തിക്ക് അവശ്യം വേണ്ടുന്ന മാനസിക വൃത്തികൾ മാത്രം ബാക്കിയുള്ളതെല്ലാം സുപ്തമായി ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത ഒരാളും ഇതിനെക്കുറിച്ച് ബോധമുള്ള ഒരാളും നമ്മൾ വ്യത്യാസം കാണിക്കുകയാണ് ഈ പറയുന്ന എന്തിനാ അങ്ങനെ ഒരു മാനസികമായ അവസ്ഥയിൽ ഒരാൾക്ക് എത്തിച്ചേർന്നാൽ അതായത് കർമ്മങ്ങളെ ബാഹ്യമായി തെജിക്കേണ്ട കാര്യമില്ല കേവലം മാനസികമായ ത്യാഗം മതി അതിവിടെ ആവർത്തിച്ചു ആവർത്തിച്ചു പറയും ശങ്കരാചാര്യ പറയും പോലെ മാനസികമായി തൃജിച്ചാൽ ബാഹ്യമായും കർമ്മങ്ങൾ ത്യജിച്ചു പോകും എന്നല്ല ഇവിടെ പറയുന്നത് മാനസികമായി ത്യച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾക്ക് ത്യാഗമുണ്ടാവും പക്ഷെ അതെങ്ങനെയുള്ള ത്യാഗം ഈ രാഗദ്വേഷങ്ങളിലും മറ്റ് െ മുൻനിർത്തിയുള്ള ആ കർമ്മം അവന് അതിന്റെ ത്യാഗം സംഭവിക്കും പിന്നെ എന്താണ് ഇവിടെ പ്രജ സ്ഥാതവ്യമിത്യമാണ് ഈ ലോകത്ത് തുടരണം ഇവിടെ ജീവിക്കണം അതുകൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്യണം അതെല്ലാവർക്കും നിർബന്ധമാണ് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം അതാണ് സന്യാസിക്ക് മറ്റൊന്നും ചെയ്യാൻ വേണ്ടി ഭിക്ഷാടണം ജീവിക്കണമെങ്കിൽ അത് വേണോ അത് എന്തെങ്കിലും ചെയ്യാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റും ശരീരത്തെ സംരക്ഷിക്കണം എന്നൊരു ബുദ്ധി ഇല്ലെങ്കിലും ശരീരം നിലനിൽക്കണമെന്ന് അപ്പൊ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി അത് ശരീരം എങ്ങനെയെങ്കിലും നിലനിന്ന് അപ്പുറം ശരീരം ജീവിക്കുന്നതിന് സൗകര്യപ്രദമായ രീതിയിൽ നിലനിന്നു ആരോഗ്യകരമായ ശരീരം നിലനിന്നു അപ്പൊ അതിനെ കുറിച്ച് വേഗലുകൾ ഒന്നും കൂടാതെ തന്നെ ആ ശരീരത്തെ നിലനിർത്തി പോകുന്നതിന് വേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ ആർക്കും നമ്മുടെ വസിഷ്ഠനാണെങ്കിൽ ഒരേ സമയം പുരോഹിതനുമാണ് തത്വം ഞാനും ഉപദേശിക്കുന്ന അപ്പോൾ അതിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാവും ആ ഒരു മാതൃകയാണ് ഇവിടെ വാസിഷ്ഠത്തിൽ പറയുന്നു അടുത്തിനി പറയുന്നതെന്നു അത് വ്യക്തമായി മനസ്സിലാക്കും ഒരിക്കലും ചങ്കരാചയത് പറയുന്നതല്ല എന്റെ വ്യത്യാസം അടുത്ത് പറയുമ്പോൾ അപ്പോ എന്താണ് ചെയ്യുന്നു എന്നാ ചെയ്യുന്നില്ല ശങ്കര പറയുന്നത് എന്താണോ ചെയ്യുന്നില്ല ചെയ്യാൻ പാടില്ല ചെയ്യരുത് ഇതാണ് ഇവിടെ അതല്ല പറയുന്നത് ചെയ്യുന്നു എന്നാൽ ചെയ്യുന്നില്ല അപ്പോ കർമ്മത്തിൽ താല്പര്യമുള്ളവര് അവർക്കിത് ഇതൊന്നു കരുതാനും അയ്യ കർമ്മത്തിലുള്ള ഇഷ്ടമോ ഇഷ്ട കേടുവല്ലോ ഇവിടെ ഇഷ്ടവും ഇഷ്ടവും കേടുവല്ലാതെ കുറച്ച് പ്രവൃത്തികൾ തുടരാനുണ്ട് തുടരണം അത് തുടരുക ഉള്ളത് കൊണ്ട് ചെയ്യും ആ ഗീതയുടെ ഭാഷയിൽ പറഞ്ഞ ലോക സംഗ്രഹമേവാ സമ്പസ്യം കടത്തും അപ്പൊ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കുറച്ച് പ്രവൃത്തികൾ ചെയ്യണം എന്തെങ്കിലും കരുതി നല്ല കാഴ്ചപ്പാടാണ് എന്തിനു ചെയ്യണമെന്നുള്ള എന്റെ ഉത്തരം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു അപ്പോ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി തന്റെ ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടി തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും ഇതാണ് അതൊക്കെ പ്രായോഗിക തലത്തിൽ നടക്കുമോ ഇല്ലയെന്നും ചോദിക്കരുത് അതിന്റെ പിന്നിലുള്ള ആശയതാണ് അങ്ങനെ പ്രവർത്തിക്കുക ഇവിടെ പറയുന്ന വസിഷ്ഠൻ പ്രവർത്തിക്കുന്നതും പിന്നിവിടെ ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കും ജനഗണ പോലെയുള്ള അവരൊക്കെ പ്രവർത്തിച്ചതും അങ്ങനെ പ്രവർത്തിച്ചതുമുള്ള അവിടെ പ്രവർത്തനം കൊണ്ട് ലോകത്തിന് ഗുണം ഉണ്ടായി അപ്പം അവിടെ പ്രവർത്തിക്കുക എന്നാണ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഭാവത്തോടെ ഈ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഗീതിയുടെ ശരിയായ വ്യാഖ്യാനം വരുന്നത് വാസിഷ്ടത്തിലാണ് ആ ഒരർത്ഥം കണ്ടുക്ക് സംശയമുണ്ടായിരുന്നു വാസഷ്ഠന്തിനാ പഠിക്കുന്നത് എന്നുള്ളതായി വാസിഷ്ഠത്തിൻ്റെ അതാ പറയുന്നത് തുടർന്നു വരുന്ന ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവും എന്നാൽ അത് മാത്രമല്ല പിന്നെ വാസിഷ്ഠത്തിൻ്റെ അങ്ങോട്ട് സമാധിയിലേക്കൊക്കെ പോകുന്നുണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോ നമുക്ക് ആ അതിനെ ഉൾക്കൊള്ളിച്ചു പറയുന്നതിന് പരിമിതി വരും അപ്പോ അതിനെ നമ്മൾ പോരായ്മയായി കണക്കാക്കരുത് അതൊക്കെ ഇനി പറയാനുള്ള വിഷയമല്ലേ ഇതിന് കൂട്ടിച്ചേർക്കാൻ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കൂട്ടിച്ചേർക്കേണ്ട കാര്യം പറഞ്ഞില്ല അതുകൊണ്ട് പോരായ്മയാണ് അത് അപൂർണമാണെന്ന് കരുതരുത് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ഗ്രന്ഥമില്ല എല്ലാം ഒരിടത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പൊ ഇതിനോടനുബന്ധമായി ഇതിനെ പൂർത്തീകരിക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഇനി വരും അപ്പോ അങ്ങനെ വരുന്ന ആശയങ്ങൾക്ക് ഇത് വിരുദ്ധമാണെന്നും കരുതരുത് ഇതിനോട് ചേർന്ന് പോകുന്ന ആശയങ്ങൾ എല്ലാം ഇവിടെ പറയാൻ പറ്റും അത് വിട്ടുപോകുന്നതല്ല അത് കൂട്ടിച്ചേർക്കാൻ കഴിയാത്തതുകൊണ്ടോ അപ്പൊ ക്ഷമ വേണം അവിടെ ഇതെല്ലാം നേരത്തെ എന്താ പറയാത്തെന്ന് ചോദിക്കരുത് അപ്പോ എന്താണ് സംശാന്തയ ശാന്തമായ മനസ്സോടുകൂടി ചെയ്യുന്നു ചെയ്യുന്നില്ല മാനസിക ഭാവം ഇതെല്ലാം മാനസികമായ ഭാവങ്ങളാണ് ഇതിനൊന്നും ആത്മാവുമായിട്ട് ഘടിപ്പിക്കേണ്ട കാര്യമില്ല ഘടിപ്പിക്കാനോട്ട് സാധിക്കത്തില്ല മനസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഞാൻ നിരന്തരം പറയേണ്ടതാണ് അത് ബോധം ബോധമാണ് ബോധത്തിൽ സംഭവിക്കുന്ന കാര്യം അറിവിൽ സംഭവിക്കുന്ന കാര്യം അതാണല്ലോ നമ്മളിതൊക്കെ മനസ്സിലാകുന്നതും ചിന്തിക്കുന്നതും ഉൾക്കൊള്ളുന്നതല്ല അറിവിലാണ് അറിവിനെ തന്നെയാണ് മനസ്സെന്ന് പറയും അവന് നടക്കുന്ന കാര്യങ്ങളാ പറയാ അറിവിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരവസ്ഥ വരണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരണമെന്നാ പറയുന്നത് അങ്ങനെ വരുന്നതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ആത്മാവ് ഏകമായാലും ആത്മാവ് പലതായാലും അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല എന്തായാലും പ്രശ്നം എന്തുകൊണ്ട് ഇതെല്ലാം നടക്കുന്ന ഇവിടെ അറിവിന് പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അറിവിന്റെ ആത്മാവ് പേരിട്ടാൽ മതി പ്രശ്നം തീർ ആത്മാവ് കൂടിയേ തീരുമെങ്കിൽ അറിവിന്റെ ആത്മാവെന്ന് കാര്യ മതി കൂടുതൽ എന്താണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള കുരുക്കുകളിലേക്കൊന്നും പോകേണ്ട കാര്യം മനുഷ്യന് മനസ്സിലാവും ഇതെല്ലാം അറിവിന്റെ തരത്തിൽ തന്നെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അടുത്ത സർഗം പതിനൊന്ന് വസിഷ്ട പറയുന്നു അങ്ങനെ ഞാൻ നിന്നോട് എങ്ങനെയാണ് ഈ ജ്ഞാനം വന്നത് കാര്യം പറഞ്ഞു ശേഷം എന്താണെന്ന് നിനക്ക് മനസ്സിലറിയ ആഗ്രഹം കാണും അത് ഞാനിപ്പറയാം അപ്പോ രാമൻ ചോദിക്കുന്നു ശരി ജ്ഞാനത്തേക്ക് ഇവിടെ അവതരിപ്പിച്ചു പിന്നീട് ഈ ബ്രഹ്മാവ് പിന്നെന്താ ചെയ്തത് അപ്പോ പറയുന്നു വീണ്ടും ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തിലേക്കൊക്കെ നോക്കി ലോകം സങ്കടത്തിലാണ് തന്റെ സൃഷ്ടി അത് കണ്ടിട്ട് വീണ്ടും എന്ത് ചെയ്തു ആദ്യം എന്നെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എട്ടാമത്തേത് യഥാ അഹം പ്രഹീത അന്യേ ച മഹർഷയ സനത്കുമാരപ്രമുഖ നാരദാദ്യശൂരിശ യഥ അഹം പ്രഹിത എന്നെങ്ങനെയാണോ നിയോഗിച്ചത് പ്രഹിത ലോകത്തിനും ജ്ഞാനോ ഉപദേശത്തിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് എങ്ങനെയാണോ നിയോഗിച്ചത് സൃഷ്ടിച്ചത് തേന തഥാ അന്യേ മഹർഷിയെ ഏറെ മഹർഷിമാരെയും വീണ്ടും സൃഷ്ടിച്ചു സനത്കുമാര പ്രമുഖ സനതൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ ഇങ്ങനെ കുറെ പേര് ലോകത്തിന് ഞാനെത്ര ഉദ്ദേശിച്ചു മാത്രമല്ല നാരദാദ് ഭൂതിസ ധാരാളം പേര് മരിച്ചു അത്ര അങ്കിതസ് പുലകൻ പുലസൻ പ്രജേദസം നാരദം ഭ്രുവ ഇങ്ങനെ കുറെ പേര് അങ്ങനെ നമ്മുടെ പുരാണങ്ങളെ ഇഷ്ടം പോലെ ഉപകർഷിമാരുണ്ട് എന്ന് പറയുന്നത് ഭൂരിശത എന്തിനാ ക്രിയാക്രമേണ പുണ്യേന തഥാ ജ്ഞാനക്രമേണ മനോമോഹാമയ മനോമോഹാമയ ബുദ്ധർത്വം ലോകം ഈരിത്താക അത് രണ്ടു തരത്തിലാണ് ഒന്ന് ക്രിയാക്രമത്തിലും ജ്ഞാനക്രമത്തിലും ക്രിയാകർമ്മം എന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ അതിന്റെ നാനാതരത്തിലുള്ള കാമ്യം നിഷിദ്ധം നിത്യം നൈമിത്തികം പിന്നെ ഉപാസനകൾ അങ്ങനെ കർമ്മങ്ങളിൽ വരുന്ന ഭേദം ആണ് ക്രിയാക്രമം പിന്നെ വരുന്നത് ജ്ഞാനക്രമ ജ്ഞാനക്രമത്തിൽ ജ്ഞാനത്തിൽ തന്നെ പല വഴികളുള്ള ഉപാസനങ്ങൾ പലതരത്തിലുള്ള ഉപാസനങ്ങൾ പലതരത്തിലുള്ള ജ്ഞാനം ഇവിടെ പറയുന്ന അദ്വൈതജ്ഞാനം ഇങ്ങനെ മനോ മനോമോഹാമയോന്നതം പ്രശ്നം എന്താണോ മനസ്സാകുന്ന മോഹാമയം ഇവിടുത്തെ പ്രശ്നം മനസ്സ് തന്നെയാണ് മനസ്സ് തന്നെയാണ് മനുഷ്യന് ഭാഷ ആദ്യന്തം പ്രാഥം കൊടുക്കുന്ന മനസ്സിനാണ് അത് തന്നെയാണ് മോഹം അത് തന്നെയാണ് മായം അതാണ് ഇവിടുത്തെ രോഗം ആമയം അതുകൊണ്ട് ഉന്നദ്ധം ബദ്ധമായ മനസ്സ് തന്നെയാണ് പ്രശ്നമായിരിക്കുന്നു അതുതന്നെയാണ് മനുഷ്യനെ വിഭ്രമിപ്പിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം വേണം ചെയ്തത് മനസ്സിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും മനസ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള പഴയ വഴി പണ്ട് നിർദ്ദേശിച്ച പണ്ടത്തെ മനസ്സാവസ്ഥ അതാണ് അതുകൊണ്ട് ബന്ധമായിരിക്കുന്നവരെ അതാണ് മനോമോ മനോമോഹ ആമയോന്നം ലോകം ഉദ്ധർത്തും ഇരിത്താഹ പ്രേരിതരായി ഇരി തോന്നിച്ച അവരെ ഉദ്ധരിക്കുന്നതിന് പ്രേരിതരായി തീർന്നീ എല്ലാവരും ഋഷിമാരെല്ലാവരും അവരെ സൃഷ്ടിച്ച് അവരതിന് ശുമലപ്പെടുത്തി നിർത്തും മഹർഷിഭി തഥൈ സ്ഥിരം അങ്ങനെയുള്ള മഹർഷിമാരെ ഇതാണോ ഇവരെയൊക്കെ രക്ഷപ്പെടുത്തണമെന്നുള്ള അപ്രേരണയുള്ള മഹർഷിമാര് ക്ഷീണേ കൃതയുണ്ടേ പുരാ മുമ്പ് ആ സത്യയുഗം ക്ഷയിച്ചപ്പോയാക്രമേശുദ്ധേ പൃഥിവ്യാം തനുദ്ംഗത അപ്പൊ എന്ത് ചെയ്തു ആ ക്രിയാക്രമങ്ങളെല്ലാം ഈ പൃഥിയിൽ ക്ഷീണിച്ചു അങ്ങനാണപ്പോ ക്രിയാക്രമവിധാനാർത്ഥം മര്യാദ നിയമായ ച പൃഥക്ദേശവിഭാഗീയ ഭൂപാധ പരിഗണിക്കുക പിന്നെ രാജക ക്ഷത്രിയം ഇതുവരെ ഇഷ്യുമാർ സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ക്രിയാക്രമങ്ങളെല്ലാം വിധിക്കുന്നതിന് വേണ്ടി എന്നിട്ട് ഞങ്ങളും മറ്റും മര്യാദ നിയമാച്ച ജനങ്ങളുടെ ഇടയിൽ ലാ മര്യാദ അത് നിലനിർത്തുന്നവർ വേണ്ടിയും പൃഥക് ദേശവിഭാഗീയ ഓരോരോ ഭാഗങ്ങളിലായി ഒരു രാജ്യങ്ങളുണ്ടായിരുന്നു കുരു മകതം ഇങ്ങനെയൊക്കെ പറയുന്ന രാജ്യങ്ങൾ ഭൂപാലാഹ പരികൽപ്പില അവിടേക്ക് വേണ്ടിയൊരു രാജാക്കന്മാരെ സൃഷ്ടിച്ചു അതടുത്ത അടുത്ത പക്ഷേ ബഹുവിനെ സ്മൃതിശാസ്ത്രജ്ഞശാസ്ത്രാതിജാപനവും ധർമ്മർത്ഥവും കിത വിരവും ചെയ്തു വളരെയധികം സ്മൃതി ശാസ്ത്രങ്ങൾ സൃഷ്ടിച്ചു എല്ലാം ചെയ്ത് ബ്രഹ്മാവ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ പുരാണങ്ങളെല്ലാം എവിടെയായാലും ശരി ഇത് ആര് പറഞ്ഞു ചോദിച്ചു തോന്നി ബ്രഹ്മാവ് പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ വിഷ്ണു പറഞ്ഞു അവിടെ തന്നാത്രം ഇവിടെ തന്നെ ഒരാളിൽ തന്നെ വിളിച്ചു സ്മൃതിശാസ്ത്രങ്ങളും യജ്ഞശാസ്ത്രങ്ങൾ സ്മൃതിശാസ്ത്രം മനുസ്മൃതി പോലെയാണ് യജ്ഞശാസ്ത്രം എന്ന് പറയുന്നത് കൽപ്പം പോലെയാണ് കല്പശാസ്ത്രങ്ങൾ യജ്ഞവിധാനങ്ങളൊക്കെ വിശദീകരിക്കുന്നു കൗനവും ധർമ്മം കാമ അർത്ഥ സിദ്ധിയോട്ടം ഇതെല്ലാം പ്രധാനമായിട്ടും ധർമ്മം കാമം അർത്ഥം ഇതിനു വേണ്ടിയിട്ടാണ് ഉചിത്താലി കല്പിതാണി ഇതെല്ലാം ഉണ്ടാക്കുക പഴയകാലത്ത് അങ്ങനെയുള്ള നടന്നിരുന്നത് ഇതൊക്കെ നടപ്പിലിരുന്ന കാലത്ത് തന്നെയാണ് ഇത് എഴുതുന്നത് ഇതൊക്കെ വായിക്കുമ്പോൾ ഇത് ഇതിനു മുമ്പേ ഏതോ ഒരു കാലത്താണെന്നൊന്നും ധരിക്കരുത് ഇതൊക്കെ ഏത് കാലത്താണോ രാജാക്കന്മാരി ലോകമൊക്കെ ഭരിച്ചിരുന്നത് ഇങ്ങനെയുള്ള സ്മൃതികളും കല്പങ്ങളും ഒക്കെ നിലനിന്നിരുന്നത് രാജാക്കന്മാര് ഞാൻ ചെയ്ത യജ്ഞങ്ങളെല്ലാം ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടത്താണ് ഇത് എഴുതിയത് പറയുമ്പോൾ ഇതൊരു ചരിത്രമായിട്ട് പറയും എന്നുള്ളത് ഇന്ന് തന്നെ ഒരു ചരിത്രമുണ്ട് പറയുന്നത് ഒരു ചരിത്രത്തെ കൽപ്പിക്കുകയാണ് കാലഘട്ടത്തിൽ തന്നെയാണ് എഴുതിയത് ഇന്നു എഴുതിയ കാലയ ഇത്രേ ഭവത്തിയസ്മിൻ തതോ വികൃത ക്രമേ പ്രത്യേകം ഭോജന പരേഖലെ ശാര്യ അർജുനോ നോക്കി വിവിധ കാലം മുമ്പോട്ട് പോയി അപ്പൊ കാലത്തെക്കുറിച്ച് അവർക്കറിയാമല്ലോ കാലം മാറി മാറി വരും ചിലപ്പം കുറെ കാലമെല്ലാം നല്ല രീതിയിൽ പോകും വീണ്ടും വീഴ്ച വരും വീണ്ടും പോകുന്നു ഇതെല്ലാം ഓരോരുത്തർ രേഖപ്പെടുത്തി വരും സാഹിത്യങ്ങളും പാട്ടുകളുമൊക്കെ ഉണ്ടാവും ഇതെല്ലാം പിന്നീട് വരുന്നവരിതൊക്കെ വായിക്കുന്നു മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പരമ്പരയിലൂടെ കേൾക്കുന്നു അവരും പുതിയ സാഹിത്യങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെയാണ് ഇവരീ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് അല്ല ഏതോ ഒരു കാലത്ത് സംഭവിച്ച കാര്യങ്ങളല്ല ഇതൊക്കെ ഇവരുടെ കാലത്തും അതിന് തൊട്ടും അതിനടുത്തുമൊക്കെ സംഭവിച്ച കാര്യങ്ങളും തലമുറകളിലൂടെ കൈമാറി കിട്ടിയ അറിവുകളാണ് ഈ പറയുന്ന ഇപ്പൊ പറയല്ലോ പലയിടത്തും പുരാണങ്ങൾ പറയും കലികാല വർണ്ണ എന്ന് പറയും എന്നുവെച്ച ഭാവി വരാൻ പോകുന്ന കലികാലത്തെ കുറിച്ച് വർണ്ണിക്കും ആൾക്കാർ പറയും എന്തൊരു അർത്ഥതമാണ് ഭാവി വരാൻ പോകുന്ന കലികാല കാര്യങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുകയല്ലേ മൂഢന്മാരായ മനുഷ്യരോട് ചിന്തിക്കും എന്താ എഴുതി വച്ചിരിക്കുന്നു ഇവിടെ കാലത്ത് കിടന്ന കാര്യങ്ങളെ അന്ന് അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ വരെ ഇതൊക്കെയായിരിക്കും ഇനിയും നടക്കുന്നത് എന്ന് ആർക്കും ഊഹിക്കാവുന്ന കയൂ അല്ലാ കരികാലം ഒന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു കാലമൊന്നുമില്ല അതൊക്കെ അബദ്ധവിരാത എന്തുകൊണ്ട് മനുഷ്യൻ ക്രമേണ മനുഷ്യർ സംസ്കാരം വികസിച്ച് വന്ന സത്യുഗിനി വരാൻ പോകുന്നതാണ് ഇപ്പൊ പല അതിങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന് മോശം സമയങ്ങള് കടന്നു പോകുമ്പോ ആൾക്കാർ പറയും അത് കലികാലമാണ് നല്ല കാര്യങ്ങൾ കടന്നു പോകുമ്പോ പറയും അത് ഇത് മാറി മാറി സംഭവിക്കുന്നതാണ് അല്ല പുരാണങ്ങളിൽ ഇങ്ങനെ അതിലിട്ട് തിരിക്കുന്നതുപോലെ അങ്ങനെ ഒന്ന് ചരിത്രത്തെ സംഭവിച്ചു നല്ലത് മാത്രമുള്ള ഒരു കാര്യം മോശം മാത്രമുള്ള കാര്യം അങ്ങനെ ഇല്ല അത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യന്റെ ചരിത്രവും പഠിക്കണം മനുഷ്യന്റെ പരിണാമവും മനസ്സിലാക്കണം അതുകൊണ്ട് ഭാവി കലികാലം എല്ലാം പുരാണങ്ങൾ എഴുതിയിരിക്കുന്ന കഴിഞ്ഞു പോയതും നടപ്പിലിരുള്ളതുമായ കലികാലമാണ് പിന്നെ ലോക ശാന്തമായിരിക്കുന്ന സമയവും വരും യുദ്ധങ്ങളൊക്കെ കഴിയുന്ന ആൾക്കാരെ സമാധാനമായി കഴിഞ്ഞു അത്യാദര് രാജാവിന് ആയിരിക്കും അപ്പൊ പറയാതാ സത്യയുഗം മാവേദി നാട് വാണികളെല്ലാവരും മാനുഷരെല്ലാവരും ഒന്നുപോലെ നമ്മൾ പഠനില്ല ഏതോ രാജാവ് കുറച്ച് കാലം മര്യാദയിൽ ഭരിച്ചപ്പോൾ ജനങ്ങൾക്ക് സന്തോഷം വരും അതങ്ങ് മാറിപ്പോയി പഴയകാലത്തേ എന്തു പറയാ സത്യയുഗമാണോ അത് കഴിഞ്ഞ് ഈ പറയുന്ന യുഗക്കണക്കുകളെല്ലാം ഊഹാമോഹവും ഭാവനകളും നമുക്ക് ഇന്നും മനുഷ്യനറിയാവുന്ന മനുഷ്യന്റെ ചരിത്രത്തെയും ഏത് രണ്ടും ഹിസ്റ്ററി പരിണാമത്തിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം അതിനൊക്കെ വ്യക്തമായ ശാസ്ത്രീയമായ തന്നെ പുരാണങ്ങളെ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തിൽ വേണം മനസ്സിലാക്കുക അല്ല പഴയ ബുദ്ധിയിലും മനസ്സിലാക്കാൻ അതൊക്കെ അബദ്ധമാണ് ഈ പുരാണങ്ങളുടെ ഏത് കാലം എടുത്തു നോക്കിയാലും മതി എല്ലാ കാലത്തും മോശം കാലം ഉണ്ടായിരുന്നു രാമായണത്തിൽ നോക്കിയാൽ എന്താണ് വളരെ മോശം വ്യക്തികളാണ് നല്ല വ്യക്തിയും കാണും മഹാഭാരത്ത് നോക്കിയാലും മോശം വ്യക്തികളുണ്ട് മോശ സംഭവങ്ങളുണ്ട് നല്ല വ്യക്തികളുണ്ട് നല്ല സംഭവങ്ങളുണ്ട് ഇങ്ങനെന്താ മനസ്സിലാക്കേണ്ടത് എല്ലാം മാറി മാറി സംഭവിക്കുന്നു അതുകൊണ്ട് എന്താണ് കാലത്തെ അശ്മി ശരിയാണ് കാലങ്ങളിൽ മാറി വരുമ്പോൾ അതോ വികടത്തേക്ക് തരണം ഈ ക്രമങ്ങളെല്ലാം മാറുന്നു അത് സത്യമാണ് ചിലപ്പോൾ നല്ല രീതിയിൽ മോശമാകും പ്രത്യേകം ഭോജനപരേജനം ശല്യർജുനുമൊക്കെ ജനങ്ങളെല്ലാം ഭോജനപരന്മാരായി അന്നപാനാദികളിൽ ഒഴുകി ശല്യർജുനവും അന്നം സമ്പാദിക്കുന്നതിന് മാത്രം താല്പര്യമുള്ളവരായി തീർന്നു എന്നാണ് അന്നത്തെ സമ്പാദിക്കുന്നതിന് മാത്രം താല്പര്യമുള്ളവരാകുക എന്താണ് ഭോജനപരന്മാരാണ് എന്താ മോശം കാര്യമാണ് നമ്മളെല്ലാവരും അങ്ങനെയല്ല ജീവിക്കുന്നതും ഇന്നത്തെ മനുഷ്യൻ ജീവിക്കുന്ന എങ്ങനെയാണ് അന്നം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കിട്ടുന്നൊക്കെ ഭക്ഷിക്കുന്നു മനുഷ്യരെന്നു അങ്ങനെയാണ് മനുഷ്യനായി മനുഷ്യരെന്നു അത് പ്രളമിച്ചോ അന്ന് മൂലവനീ അന്നത്തിനു വേണ്ടി ഓടി നടക്കരുത് അന്ന അവന്റെ ഒരു മുഖ്യമായ കാര്യം വന്നു ഇന്ന് നമ്മളൊക്കെ നിങ്ങളിവിടെ കൂടിയിരിക്കുന്നതും ഞാൻ ഇതെന്ന് പറയുന്നതും കൃത്യമായി അന്നം കിട്ടിയോണ്ടാണ് ഇതിവിടെ ഇല്ലെന്ന് വെച്ചാൽ എല്ലാവരും ഇടംപെട്ടു ഒരു സംശയവും വേണ്ട ഭക്തി ഞാനും യോഗവും എല്ലാം ഈ കാര്യങ്ങളും അപ്പൊ പിന്നെന്താണോ ഭോജനപരം എന്ന് പറയുന്നതിലെന്താ ദോഷം ഒരു ദോഷം പിന്നെ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് അന്ന് ചില നാട്ടുകണക്കുകളുണ്ട് ഈ രാജാക്കന്മാരും ക്ഷത്രിയന്മാരെല്ലാം യാഗം ചെയ്തു തന്നെ ജീവിക്കണം യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു തന്നെ ജീവിക്കണം ഇവര് യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതിരുന്ന എന്താണ് ഇവര് ആ സമ്പത്തെല്ലാം മറ്റ് ആവശ്യങ്ങൾക്ക് അവരുടെ സ്വഭാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അതാണ് അതിനെക്കുന്നത് പിന്നെ മറ്റൊരു വശം എന്താണ് മനുഷ്യനിൽ കേവലം അന്നത്തിന് വേണ്ടിയും അതാർജിക്കുന്നതിന് വേണ്ടി മാത്രം പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവരവര് അവിടെ യാതൊരു തത്വദീക്ഷയും പുറത്തുണ്ട് ഇതിനു വേണ്ടി മത്സരിക്കും മത്സരിക്കുമ്പം അവിടെ അസമാധാനം ഉണ്ടാവും അസമാധാനം നഷ്ടപ്പെടുന്നു അപ്പൊ അതിനുവേണ്ടി മാത്രം പരിശ്രമമാകുമ്പം പരസ്പരം മത്സരം ഉണ്ടാകും അത് പിടിച്ചുപറിക്കാൻ ശ്രമി അന്യന്റെ അന്നം പിടിച്ചു പറിക്കുക കർമ്മസമാധ അനാഥ തകര് വലിയ അതിക്രമം ഉണ്ടാകും ഇന്നും പല രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ സ്വാമാരിക്ക് ഭക്ഷണത്തിന് വേണ്ടി ആൾക്കാർ പരസ്പരം മല്ലടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ദുർലഭമായിരുന്നു അപ്പോൾ അത് ഭക്ഷണമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഉപഭോഗത്തിന് ആവശ്യമായ രീതിയിൽ ഉത്പാദിപ്പിക്കുകയും ഇത് ക്രമമായി വിതരണം ചെയ്യുകയും ചെയ്ത ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ പഴയകാലത്ത് ഇതിൻ്റെയൊക്കെ വ്യവസ്ഥകൾ നഷ്ടപ്പെടുമ്പോഴാണ് ഇത് ദോഷമായി കാണണം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനാണ് കല്കാലം ഒന്നൊക്കെ പറയും കുറച്ചുപേർക്ക് കിട്ടും കുറച്ചുപേർക്ക് കിട്ടത്തില്ല അങ്ങനെയൊക്കെ വരും അല്ലാതെ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം സമ്പാദിക്കുന്നതും മോശം കാര്യമില്ല ഇത് വായിച്ചാൽ അങ്ങനെ തോന്നും അതൊക്കെ മോശം കാര്യമാണ് അങ്ങനെ വരും അല്ല ആൾക്കാരും എല്ലാം അപേക്ഷിച്ചവനായാലും പിന്നെ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ മോശം അത് പിടിച്ചു വാങ്ങുന്നത് തട്ടിപ്പറിക്കുന്നതൊക്കെയാണ് മോശം പക്ഷ ജനങ്ങൾക്ക് അതിനോട് താല്പര്യം അത് ആവശ്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് എഴുതി വച്ചിരിക്കുന്നത് എഴുതിയവരെ താല്പര്യത്തെ എഴുതിയാലും മനസ്സിലാക്കാൻ പാടില്ല ഇതിനുവേണ്ടി മത്സരിക്കുകയും തമ്മിലടിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അടുത്ത് പറയുന്നത് ദ്വന്ദ് ദ്രയാതാനി ഭൂതാനി ഭൂമി ഭൂരിശ പഴയകാലത്ത് മനുഷ്യനിങ്ങനെ ഗോത്രങ്ങളായി ആദ്യം ചുറ്റിയടിച്ചു തുടങ്ങും പിന്നെ ഗോത്രങ്ങളായി ജീവിക്കാൻ തുടങ്ങി അവര് നദീതീരങ്ങളിലൊക്കെ പോയി കൃഷി ചെയ്തിരിക്കാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഭൂമിക്ക് വേണ്ടി അടികൂടാൻ കാരണം കൃഷിക്ക് പറ്റിയ സ്ഥലം ആരെങ്കിലും കൈവശപ്പെടുത്തി വെച്ച് കൃഷി ചെയ്യുമ്പോൾ മറ്റാരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ വേണ്ടി അവരവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ കൃഷി കൃഷിന്ന് പറയുന്നു അന്ന് നദീതീരങ്ങളാണ് ഏറ്റവും പറ്റിയത് അപ്പൊ അവിടെ യുദ്ധം നടക്കും ഇത് നടക്കുന്ന മുഴുവൻ പ്രധാനമായ വിഷയമായത് പിന്നെ അത് കുറച്ചുകൂടെ ഗോത്രങ്ങൾ വിപുലീകരിച്ച് രാജാക്കന്മാർ ഭരിക്കാൻ അപ്പോൾ അവര് വിപുലമായ സൈന്യമൊക്കെ ഉണ്ടാക്കി അവരും മത്സരിച്ച് എന്താണ് ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അടുത്ത തൊട്ടടുത്ത രാജ്യം കൂടുതൽ സമ്പൽ സമൃദ്ധമാണെങ്കിൽ അന്നെങ്ങനെ ആ സമ്പത്തുണ്ടാവും അന്നത്തിൽ നിന്നാ സമ്പത്തുണ്ടാവും പഴയകാലത്ത് എന്താ പറയുന്നത് ഗോധനം പശുവാണ് ധനം പശു അങ്ങനെ ധനമാവുന്നു പശു വേണമെങ്കിൽ പുല്ലുള്ള സ്ഥലമായിരിക്കും പുല്ലുള്ള സ്ഥലത്തെ പശുവിനെ വളർത്താൻ പറ്റും അവിടെ കൃഷി ചെയ്യാനും പറ്റും അപ്പൊ ആ സ്ഥലത്തിന് വേണ്ടിയാണ് അവർ അടിമുടുന്നത് യുദ്ധങ്ങളൊക്കെ വളർത്തുന്നത് ധനത്തിനു വേണ്ടിയാണ് അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യകാലത്ത് യുദ്ധങ്ങൾ ധന്തു ആകി വൈരങ്ങൾ സമുദ്ര വിഷയാഹി വിഷയമെന്ന് വെച്ചാൽ ഭൂമി ദേശം ദേശങ്ങൾക്ക് വേണ്ടി ഓരോ പ്രദേശങ്ങൾക്ക് ഉൾപ്പെടുത്തും അന്നൊരു രാജ്യമൊന്നും പറയാൻ പറ്റില്ല നല്ല സ്ഥലങ്ങൾ അത് ഉപയോഗിച്ചപ്പെടുത്തുക അവിടെ കൃഷി എന്നിട്ട് സമ്പൽ സമൃദ്ധി നടത്താം സമ്പൽ സമൃദ്ധി എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമ്പൽ സമൃദ്ധിയൊന്നും പഴയ കാലത്ത് ഇവർക്ക് സ്വപ്നം കാണാൻ പോകാനും പറ്റിയിട്ടില്ല എന്തുകൊണ്ട് പ്രകൃതിയുടെ മേലവർക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും സ്വാധീനവും ഉണ്ടായിരുന്നില്ല മനുഷ്യൻ പ്രകൃതിയെ ശാസ്ത്ര സാങ്കേതികമായി വികാസം പ്രാപിച്ചപ്പോഴും പ്രകൃതിയെ നിയന്ത്രിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അങ്ങനെ സമ്പാദിക്കാനും തുടങ്ങി ദോഷങ്ങളും വന്നിട്ടുണ്ടെന്ന് ഗുണം ഒരുപാട് വന്നിട്ടുണ്ട് മറ്റു പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഒരു നിയന്ത്രണമില്ലായിരിക്കും ലാഭവും നഷ്ടവുമെല്ലാം ഒരുപോലെ സംഭവിക്കും അതിനെ സ്വാധീനിക്കാൻ മനുഷ്യ ശ്രമിച്ചതാണ് മനുഷ്യന് ഇത്തരം ആ വികാസം ഉണ്ടായപ്പോ സമൃദ്ധി എന്ന് പറയുന്നേക്കുണ്ടായത് അല്ല പണ്ട് തന്നുണ്ടായിരുന്നു കാട്ടിൽ ജീവിച്ച മനുഷ്യരൊക്കെ സുഖമുള്ളവരായിരുന്നു എന്നൊക്കെ നാട്ടിൽ പോകുന്നത് നമുക്ക് സ്വപ്നം കാണാം പത്ത് ദിവസം അങ്ങനെ കാട്ടിൽ പോയി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടും എന്താണ് ഈ കാട്ടിലൊക്കെ ജീവിക്കുന്നത് അത് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ മനുഷ്യന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ൻ കാട്ടിൽ പോയി ജീവിച്ചാൽ ഭ്രാന്തി പിടിച്ചു അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അത്രയും സൗകര്യങ്ങളുണ്ട് കാരണം എന്താണ് കാടെന്ന് പറയുന്നത് മനുഷ്യന് പൂർണമായും എതിരായ സ്ഥലം ഒരു തരത്തിലുള്ള അവിടത്തെ കാലാവസ്ഥ അനുകൂലമല്ല അവിടത്തെ ജീവികളൊന്നും അനുകൂലമല്ല അവിടുത്തെ ഭക്ഷണം അനുകൂലമല്ല ൊരിക്കലും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല പിന്നെ നമ്മള് പഴയ കാലത്ത് ആ പുരങ്ങളിൽ നിന്ന് പരിണമിച്ചു പോകുന്ന കാലത്ത് കുറെയൊക്കെ അങ്ങനെ ജീവിച്ചു വളരെ കഷ്ടപ്പെട്ട അതിജീവിച്ചുകൊണ്ടാണ് എന്ന് മനുഷ്യൻ ജീവിക്കുന്നത് അതുകൊണ്ട് സമൃദ്ധി എന്ന് പറയുന്നത് മനുഷ്യൻ വളർന്നതിന് ശേഷമാണ് മനുഷ്യന്റെ സമൃദ്ധി സംസ്കാരം ഇതെല്ലാം മനുഷ്യൻ വളർന്നതിനനുസരിച്ചാണ് അത് വളരുന്നത് മുമ്പ് ഇതെല്ലാം പറയുന്ന അത് യഥാർത്ഥമായിട്ടാണ് ഈ പുരാണങ്ങളെന്ന് പറയുമ്പോൾ ഇത് ചരിത്രമല്ല പക്ഷെ ഇതെല്ലാം ചരിത്രത്തിന്റെ സ്വാധീനങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ കണ്ടിട്ട് ബാക്കി ഭാവനയിലൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് ഈ സാഹിത്യങ്ങളല്ല ചരിത്രം അതുപോലെ അല്ല രാമായണമെന്ന് പറയുന്ന ഒരു സാഹിത്യം സൃഷ്ടിക്കണമെങ്കിൽ രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കണമെങ്കിൽ ഒരു രാജാവുണ്ടായിരിക്കണം അങ്ങനെ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കഥാപാത്രം സൃഷ്ടിക്കുന്നത് രാവണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കണമെങ്കിൽ ഒരാൾക്ക് പത്ത് തല വേണമെന്നൊരു നിർബന്ധമില്ല പക്ഷെ ഇത് ദുഷ്ടനുണ്ടായി സീത എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കണമെങ്കിൽ സുന്ദരിയായൊരു പെണ്ണുണ്ടായി ഇത്രയൊക്കെ മതി ബാക്കിയെല്ലാം എന്താണോ അവരുടെ ഭാവനയാണ് അങ്ങനെയാണ് ഈ മുഴുവൻ എഴുതിയിരിക്കുന്നത് അപ്പൊ ചരിത്രത്തിന്റെ സ്വാധീനമുണ്ട് എന്നാലാണ് മുഴുവൻ ഭാവന വെളിവുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയവരെ തന്നെ മനസ്സിലാക്കുക എനിക്ക് എന്റെ ഞാൻ പറഞ്ഞത് അപ്പോ ഇത് നമ്മൾ നടന്ന കാര്യങ്ങളാണ് എന്താണ് ഇവരെല്ലാം തമ്മിൽ അടിച്ചുകൊണ്ടേ ഒരു കാലത്തെയും ഭൂമിയിൽ സമാധാനമേ ഉണ്ടായിരുന്നില്ല ഒരു തരത്തിൽ എന്താണ് അന്ന് പരസ്പരം കടിച്ചു ചെലുത്തുന്നതിന്റെ വജനോസരക്കെ ഒരു പരസ്പരം തിന്നുകൊണ്ടിരിക്കും പിന്നെ ഇതിനിടയ്ക്ക് എന്താണ് വളരെ ശക്തമായ പ്രകൃതി ദുരന്തങ്ങൾ പുറത്ത് നാസ്ട്രോയിഡുകൾ വന്നിടിക്കുക ഇവിടെ തന്നെ വോട്ടാനകൾ പിന്നെ ഭൂമി പുലുക്കങ്ങൾ ഇതെല്ലാം കൊണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് നരകമായിരുന്നു ഇത് അത് ക്രമേണ ക്രമേണ ഭൂമി പരുവപ്പെട്ടു ഈ ഗ്രഹങ്ങളുടെ ഗതികളെല്ലാം ഭൂമിക്ക് ഒരു സന്തുലിതമായൊരവസ്ഥയുണ്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇവിടെ ജീവൻ ആവിർഭവിക്കുന്നത് അങ്ങനെ ജീവൻ ആവിർഭവിച്ചപ്പോ അതെന്തുകൊണ്ടാണ് അത് ജീവന് അനുകൂലമായ അന്തരീക്ഷം കൂടെ ഉണ്ടായിപ്പോ അതില്ലാതിരുന്ന കാലത്ത് അത് നരകമായിരുന്നു ആദ്യ സത്യയുഗമല്ല പിന്നീട് ക്രമേണ എന്തു ചെയ്തു ജീവപരിണാമം ആരംഭിച്ചു അന്തരീക്ഷം അതനുസരിച്ച് മാറി വന്നു ഓക്സിജൻ ഇല്ലാത്ത കാലത്തും കൂടെ ജീവൻ ഉണ്ടാക്കി വീണ്ടും എന്ത് അന്തരീക്ഷം മാറി ജീവപരിണാമം വന്നു കൂടുതൽ ജീവികൾക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ വന്ന ജീവികളെല്ലാം എന്ത് പരസ്പരം കൊന്നു തിന്നാണ് ജീവിച്ചത് പിന്നെ മനുഷ്യനുണ്ടാകും ഹ്യൂമൻസ് അവരുടെ തൊട്ട് കൊന്നു കളഞ്ഞു അവരെപ്പോലെ ഇരുന്നവരെയൊക്കെ അവര് കൊന്നു കൊന്നിട്ടാണ് പിന്നെ ക്രമേണവന് സംസ്കാരം ഉണ്ടായത് പിന്നെ അവന് കൂട്ടമായി ജീവിക്കേണ്ടി വന്നു ഗോത്രങ്ങളുണ്ടായി അതിൽ നിന്ന് പിന്നെ ഈ ചക്രവർത്തിമാർ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ ഉണ്ടായി ഈ ഇടപാടുകളിലുണ്ടായി വന്നു അതും ഉണ്ടായി വന്നപ്പോൾ ഇവരുടെ പണിയെന്ന് പറയുന്നത് നിരന്തരം പരസ്പരം അടിക്കുകയാണ് ഭൂമിയിലല്ല ലോകം മുഴുവൻ അങ്ങനെ അതിന് നമ്മൾ ചെങ്കിസ്ഥാന്റെയും തൈമൂറിന്റെ ഒക്കെ ചരിത്രങ്ങൾ പഠിക്കും അലക്സാണ്ടർക്ക് ഇവർ ലോകം മുഴുവൻ നടന്ന് അടിക്കുകയാണ് ഇവർക്കതേ അറിയാവും എല്ലായിടം പോയി ആക്രമിക്കുക സമ്പാദിക്കുക സുഖമായിട്ട് ചെയ്യുക അതിനൊരു കൾച്ചർ എന്ന് പറയാൻ പറ്റും ചില കൾച്ചറൊക്കെ ഉണ്ടായിരുന്നു അത് ആധുനിക മനുഷ്യന്റെ കൾച്ചർ അതങ്ങനെ അതിനകത്ത് പല പരീക്ഷണങ്ങളും മനുഷ്യൻ തന്നെ നടക്കും അങ്ങനെ വന്നിട്ടാണ് ആധുനികമായ ഈ കൾച്ചർ എന്ന് പറയുന്നതുണ്ടാവുന്നത് ഇതിന് അധികം ആയുസൊന്നും ഇല്ല ഇതുകൊണ്ടായിട്ട് ചുരുങ്ങിയ കാലമായിട്ട് വകുപ്പ് പറയുന്നത് ദ്വന്ദ് സമ്പർക്കം വൈരങ്ങൾ ഈ ഗോത്ര തലവന്മാർക്ക് വൈരങ്ങളുണ്ടായി വിഷയാർത്ഥ മഹീദിതാം ഈ ഭൂമിക്ക് വേണ്ടി അടിപ്പിക്കും ദണ്ഡ്യതാം സമ്പ്രദായ സംപ്രയാതാനി ഭൂതാനി ഭൂമി ഭൂരിശ ഈ ഭൂമിയിൽ ഭൂരിശ വളരെയധികം ഭൂതാനി പ്രാണികളെല്ലാം ദണ്ഡ്യതാം ശിക്ഷിക്കപ്പെട്ടു ആ ശിക്ഷിക്കപ്പെടുക പറഞ്ഞാൽ ഇവരുടെ പരസ്പരം അക്രമം കൊണ്ടാണ് ഇവർക്ക് അക്രമിക്കാനും പിടിച്ചു പറയാനും അറിയാവൂ അങ്ങനെ ഇവര് പിടിച്ചു പറിക്കുന്ന ഈ സ്ഥലങ്ങൾ മാത്രമല്ല ഒരു ഗോത്രം എന്താണോ മറ്റൊരു ഗോത്രത്തിലുള്ള പെണ്ണുങ്ങളെ പിടിച്ചു പറിക്കാം അവരെ ആക്രമിച്ചുകൊണ്ടെന്ന് സ്വന്തം ഗോത്രത്തിൽ അവർക്ക് എന്തൊക്കെയാണോ അനുഭവ യോഗ്യൊന്നുമാണ് എല്ലാം പിടിച്ചു പറിക്കാം ചെറുക്കുന്ന ആണുങ്ങളെയൊക്കെ കൊണ്ട് ഇങ്ങനെയായിരുന്നു നമ്മുടെ പൂർവികന്മാരല്ല ഈ കാമിനി മൂലം എന്ന് പറയുന്നത് അതാണ് അങ്ങനെ എത്രയോ കാലം പരസ്പരം ആക്രമിച്ച് കൊന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് കൊറേ ഭാഗത്തെങ്കിലും സമാധാനമായിട്ടിരിക്കുന്നത് അത് ആ ചരിത്രത്തിന്റെ സ്വാധീനം കൊണ്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ അതിശയം ചെയ്യുന്നുണ്ട് തതോ യുദ്ധം വിനാഭൂ മഹിം പാലയതും ക്ഷമാർ കഥായ പ്രജാതി യുദ്ധം വിനാ യുദ്ധത്തെ കൂടാതെ ഭൂമി മഹീം പാലയിതും ഈ ഭൂമിയെ പരിപാലിക്കുന്ന ഭൂപാഹ നക്ഷ രാജകുമാർക്ക് കഴിയാതെയാണ് യന് യുദ്ധം നിരന്തര കരുനാപ്പണി രാജാവും വള്ളിക്കാവിൽ രാജാവും തമ്മിൽ യുദ്ധം ഇങ്ങനെയാണ് യുദ്ധം നടക്കും നാട് മുഴുവൻ രാജാക്കന്മാരും ഇവർക്കെല്ലാം പരസ്പരം യുദ്ധം നമ്മളിവിടുന്ന് കൂടെ സഞ്ചരിച്ചുകഴിഞ്ഞാൽ എത്ര കോട്ടകളാ കാണുന്നു എന്തിനാ ഓരോ വാർഡും കോട്ട കെട്ടി അതിന്റെ അകത്തെ ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോയി ആക്രമിക്കും എന്നിട്ട് അകത്ത് നിന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവര് പുറത്തുനിന്ന് തോന്നി കോട്ടയ്ക്കകത്തിരിക്കുന്നവരാക്രമി അക്രമികളുടെ ഒരു വംശമായിരുന്നു നമ്മുടെ പുറത്ത് ഇടയ്ക്ക് പിന്നെ സമാധാനങ്ങളെ വരുന്നുള്ളൂ നല്ല ശക്തിയുള്ള പ്രബലനായ ബുദ്ധിയുള്ള ഒരാൾ വന്ന് നേതാവാകുമ്പോൾ അതിനെ അക്രമിച്ച് ആക്രമണം കൊണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ കുറെ സമാധാനം ഇത്രയേ ഉള്ളൂ പക്ഷെ ഇവനടങ്ങിയിരിക്കത്തില്ല ഇവന് പലവ് ശക്തി ഉണ്ടെങ്കിൽ കോട്ടയ്ക്കകത്ത് പുറത്തുപോയി മറ്റുള്ളവരാക്കുന്ന രാജാക്കന്മാര് യുദ്ധം വിന യുദ്ധത്തിൽ കൂടാതെ ഈ ഭൂമിയെ പരിപാലിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഈ മൂന്ന് രണ്ട് ലോക മഹായുദ്ധങ്ങളൊക്കെ ഉണ്ടായത് ആ അതുകൊണ്ട് എന്ത് സംഭവിച്ചു തഥാ പ്രജാഭിസഹ ദൈന്യതാണ് യാത്ര ഈ രാജാക്കന്മാരും പ്രജകളും എല്ലാം ദുഃഖിതരായി ദൈന്യതായ യാത്ര ഒരു ശരിക്കുള്ള കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരിക എല്ലാവരും കഷ്ടപ്പെടുകയല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ഇന്നുള്ള ആൾക്കാർ ഇവിടെയുള്ളവർ പറയും നമ്മുടെ പൂർവികന്മാരും വലിയ ഗവന്മാരായാലും നമ്മുടെ അതിർത്തി കിടന്ന് വേറെ ഒരു രാജ്യവും ആക്രമിച്ചിട്ടില്ല ഇതൊക്കെ ഇതുപോലെ ആവേശത്തോട് പോലും പ്രസംഗിക്കുന്നവരാണ് അത് സത്യമാണ് കാരണം ഇവർക്ക് അതിന് നേരെ ഇവിടെയല്ല ഇവർക്ക് തമ്മിലടിപ്പിച്ച് തീർന്നിട്ട് വേണ്ടി മറ്റുള്ളവരെ പോയി അടിക്കാം ഇവർ നിരന്തരം തമ്മിലടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യും ഇവർക്ക് പുറത്തു പോയി അടിക്കാൻ സമയമില്ല അല്ലാതെ ഇവരുടെ അവതാരം കൊണ്ടാരെയും പോയി അടിക്കാത്ത യുദ്ധം നിർത്തിയിട്ടൊരു പണി വേണ്ടേ ഒരു സമയം വേണ്ടേ അല്ലാതെ വേറെങ്ങും പോയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആശയം പുറത്തുള്ളവരാണെങ്കിലോ അവര് ഇങ്ങനെ നാട് നീളം നടന്നടിച്ച് അടിച്ചിട്ട് ചിലർക്ക് കയറി അടിച്ചു ഇങ്ങോട്ട് അലക്സാണ്ടർ മറ്റ് ആ ചങ്കിസ് ഖാൻ ഞാൻ ഇങ്ങോട്ട് കയറിയിരുന്നു പിന്നെ നമ്മളിവിടെയിൽ നിന്നും എടുത്തൊരു വാസിഷ്ടം പറയത്തില്ല ഇതൊന്നും പറയുന്ന ആൾക്കാരൊന്നും ഇവിടെ കാണത്തില്ല ഭാഗ്യത്തിനത് ഇവിടെയൊക്കെ ലാളികൾക്ക് പോയി അവർ കഴിഞ്ഞ നാട് നിങ്ങളെ അടിച്ച് ഈഴ്പ്പെടുത്തി ഇങ്ങനെ ഇപ്പോ ഇവിടെ തമ്മിലടിച്ചോണ്ടരുന്നു ഇതേ ഉള്ള വ്യത്യാസം അടിക്കൊരു കുറവില്ല അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നു പിന്നെ ആരെങ്കിലും തന്നെ ചോദ്യം ചെയ്യാൻ വന്ന പറയുന്നത് വാസിഷ്ടത്തിൽ എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് വിനായുദ്ധം യുദ്ധത്തെ കൂടാതെ ഈ രാജാക്കന്മാർക്ക് ഭൂമിയെ പരിപാലിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എല്ലാവരും കഷ്ടത്തിലായാലും ഇത് ചരിത്രത്തിൽ നിന്ന് അടുത്ത് പറയുന്നതായിരിക്കും ഇത് നമ്മൾ ഹിസ്റ്ററി അംഗീകരിക്കുന്നതായിരിക്കും തേഷാം ദൈനീയ അപനോദാർത്ഥം സമയ ദൃഷ്ടിക്രമാച്ച തതും അസ്മദാദിവി പ്രോക്ത മഹത്യവും ജ്ഞാനദൃഷ്ട ഈ അടിക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ഈ രാജാക്കന്മാരാണ് പിന്നെ അപ്പൊ അവർക്ക് ബോധമുണ്ടാകും അങ്ങനെ ബുദ്ധിയുടെ കുറച്ച് ആൾക്കാർ ചിന്തിച്ച് അവർക്ക് കുറച്ച് ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ തമ്മിലടിക്കാറ് അതാണ് പറയുന്നത് ഇത് ശരിക്കുള്ള ചരിത്രമാണ് ഇത് നൂറ് ശതമാനം ഈ പറയുന്ന ചരിത്രം എന്താണ് തതോ അസ്മദാദിവിക്ത അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്തു ഉദ്ദേശിച്ചു മഹത്യോ മഹത്തായ ജ്ഞാനദിഷ്ട ഞങ്ങളും ഉദ്ദേശിച്ചു തേഷാം ദൈനീയ അവതരണുണ്ട് അവരുടെ ഈ ദുഃഖത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി സമ്യക്ഷ്ടിക്രമ ശരിയായ ബോധം ജ്ഞാനത്തിനുവേണ്ടി ശരിയായ ജ്ഞാനത്തിനുവേണ്ടി ഇവരെ അടിമാതി മതിയാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവരെ ഉപദേശിച്ചു എന്നാണ് ആരാ ഉപദേശിച്ചത് ആരെ ഉപദേശിച്ചു ചരിത്രത്തിൽ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആരും കേൾക്കത്തില്ല കേട്ടങ്ങൾ മറന്നുപോകും ഇത് ചരിത്രമാണ് എഴുതിയിരിക്കുന്നത് ആരാണ് സമീക് ദൃഷ്ടി ഉപദേശിച്ചത് ആരുപദേശിച്ചു കലിംഗ യുദ്ധം അവസാനിപ്പിച്ച ആരാണ് യുദ്ധപൊതിയനായ ഒരു രാജാവിനെ സമയക്ത ദൃഷ്ടി ഉപദേശിച്ച് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് ചരിത്രമാണ് ആ ചരിത്രം കണ്ടിട്ട് അത് എഴുതി വെച്ചിരിക്കുന്നു പറയുന്നത് ഞങ്ങളും ഉപദേശിച്ചു ഏതായാലും ഞങ്ങള് ഉപദേശിച്ച ഞങ്ങളാരവിടെ ബ്രഹ്മവും വധിഷ്ഠനും ഒന്നുമല്ല അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ് ഈ തമ്മിനടി കണ്ടിട്ട് ഒരാള് ഇവരൊക്കെ സ്വാധീനിക്കാൻ തക്ക ജ്ഞാനമുള്ള ഒരാൾ വന്നിട്ട് എന്തു ചെയ്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ചരിത്രത്തിൽ വലിയ യുദ്ധക്കൊതിയനായ ഒരാൾ ആ യുദ്ധത്തിൽ പിന്മാര തൽക്കാലത്തൊക്കെ ഏതെങ്കിലും ഭാരതത്തിൽ ശാന്തിയുണ്ട് ഇങ്ങനെ തമ്മിൽ അടിച്ചുരാകണ്ട എന്ന് പറയും അതിനു പലരും വലിയൊരു അപരാധമായി പറയുന്നു അപ്പൊ ഈ ഞങ്ങൾ ഉപദേശിച്ചു എന്ന് പറയുന്നില്ല അവരാണ് പറയുന്നത് അതിൽ ശരിയായില്ല കലിയുഗം ഏ ആ കലിംഗുദ്ധം അത് അത്തരം സംഭവങ്ങൾ ചരിത്രത്തിലുണ്ടായതാണ് ഈ പരാമർശിക്കുന്നത് അത് ഉപദേശിച്ചത് ഞങ്ങളാരും അല്ല വസിഷ്ഠനും നാരദനും ഉപദേശിച്ചു ബുദ്ധനും ഉപദേശിച്ചു നമ്മുടെ ചരിത്രത്തില് അതേ കാണാനുള്ള ബാക്കി ഒരു ഉപദേശിച്ചത് എന്ന് പറയുന്നവരൊക്കെ ഉപദേശിച്ചത് യജ്ഞം നടത്താനും യജ്ഞത്തിന് വേണ്ടി പദ പണം സമ്പാദിക്കാനോ അതിനുവേണ്ടി അടുത്ത രാജ്യം ആക്രമിക്കാനോ ഉപദേശിച്ചു അങ്ങനെ ഒരു ഉപദേശം ഇതാണ് ഭാരത ശരിയായ ചരിത്രം എന്നുള്ളത് സമ്യക് പറഞ്ഞ് ഉപദേശിക്കുന്ന അത് ദൃഷ്ടി ഉപദേശിച്ച ബുദ്ധനാണ് പിന്നെ അത് പലരും ഏറ്റു പറഞ്ഞു അത് അത് അഹിംസയുടെ ഉപദേശമാണ് സത്യമാണ് പക്ഷെ ഇത് ഉപദേശിച്ചൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഈ പുസ്തകം ആയിരത്തി അഞ്ഞൂറ് വർഷമെങ്കിലും കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ആ ചരിത്രം മാറി മാറി മാറി മാറി വന്നിട്ട് എന്താണ് എഴുതിയ ആൾക്കാർ പറയുന്നു ഞങ്ങളാണ് ഇതൊക്കെ സ്ഥാപിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കണം ഈ സാഹിത്യത്തിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും ഭാരതത്തിൽ എന്താണോ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാം ബുദ്ധൻ ജീവിച്ചിരുന്നതിന് തെളിവുള്ളൂ ചരിത്ര പുരുഷന് ഇവർ പറയുന്ന പലരും ആകാശത്തോടെ സഞ്ചരിച്ചിരുന്നവരെന്നും ഇവിടെ ജനിച്ചതിന് തെളിവില്ല കഥകളെയുണ്ട് ഈ പറഞ്ഞത് സത്യമാണ് എന്തേലോ തേശാം ദൈന്യോ അപനോദാർത്ഥ ആ ജനങ്ങളുടെയും രാജാക്കന്മാരുടെയും കഷ്ടത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമയക്രമായ സമയക് ദൃഷ്ടിക്കർമ്മകാന്ഡം അങ് വേഷിച്ചു എന്നിട്ടെന്ത് ചെയ്തു സമ്യക് ദൃഷ്ടി കർമ്മത്തിൽ മഹത്തായ ജ്ഞാനദൃഷ്ടി പ്രതീക്ഷ അവിടെ മുതലാണ് ശരിക്കും ഇവിടെ ജ്ഞാനദൃഷ്ടി നമ്മുടെ ഭാരതത്തിൽ പ്രചാരത്തി വരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും കർമ്മങ്ങളൊക്കെ കൊണ്ടു ചേർത്തു അത് മറ്റൊരു കാര്യം പക്ഷെ ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്ന ഒരു ആശയം ഭാരതത്തിൽ പ്രചരിപ്പിച്ചത് ഇതാണ് അതിനെ ജ്ഞാനത്തെ കുറിച്ച് അതിനും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടായി അതും മനസ്സിലാക്കി ഇത്തരം ആശയങ്ങളുണ്ടായി അത്ര പക്ഷെ അത് പ്രചരിപ്പിച്ചത് ഭാരതത്തിലും പുറത്തുപൊക്കെ പ്രചരിപ്പിച്ചത് ബുദ്ധന്റെ കാരണമുള്ളതാണ് ആധുനികമായ മെഷീനറി വർക്ക് പോലെ പിന്നെ മുമ്പ് പലർക്കും ഞങ്ങൾ അധ്യക്ഷമുണ്ടായിരുന്നു അവരത് ആർക്കും പുറത്ത് പറഞ്ഞുകൊടുക്കാൻ പാടില്ല സാമാന്യ ജനങ്ങളറിയാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചറിവൊക്കെ അവർ കൈ വെച്ചിരുന്നു അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് ചരിത്ര ബോധത്തോടു കൂടി വായിച്ചു കഴിഞ്ഞാൽ ഒരല്പം വെളിവുണ്ടാവും അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളത്